ഇങ്ങനെ ജ്ഞാനം കൊണ്ട് ഭഗവാനെ പ്രാപിക്കുന്നവരെ പറഞ്ഞു ഇനിയിപ്പോ ജ്ഞാനം കൊണ്ടല്ലാതെ ഭഗവാനെ പല മാർഗത്തിലും ഉപാസിക്കുന്നവരുണ്ട് ഭഗവാനെ ശരീരമായി കണ്ടുകൊണ്ട് ഭഗവാന് ജഗത്തില് ഭഗവാനെ എന്ന് വെച്ചാൽ ആരെ വേണമെങ്കിലും എടുത്തോളൂ എന്നാലും കുഴപ്പമില്ല നമ്മളുടെ ബന്ധങ്ങളിലൊക്കെ വ്യക്തികളില്ലാതാവുന്നവരെ നമ്മള് ജ്ഞാനതപസ് ചെയ്യുന്നില്ല നമ്മളുടെ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും സഹോദരനും ശത്രുവും മിത്രവും ഉള്ളത്തോളം ജ്ഞാനദിവസായിട്ടില്ല നമുക്ക് നമ്മൾ ഏത് ഭാവത്തോടുകൂടെയാണോ ഒരാളെ സമീപിക്കുന്നത് ആ ഭാവത്തോടുകൂടെ തന്നെ അയാളിൽ നിന്നും നമുക്ക് ഫലവും ഉണ്ടാവും ഉപാസനയിലും അതെ ഭഗവാനെ നമ്മൾ ഏത് ഭാവത്തോടു കൂടെ ഉപാസിക്കുന്നു ആ ഭാവത്തോടു കൂടെ ഭഗവാൻ നമുക്കും ദർശനം തരുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും അതാണ് അടുത്ത ശ്ലോകം നോക്കാം ഏ യഥാ പ്രപദ്യ ഹം മമ വർമാനുഷ്യാർത്ഥന പ്രകാരേണ യന പ്രയോജന യത് ഫലാത്തി മാം പ്രപത്യന് എത് ഫലത്തിനെ ഇച്ഛിച്ഛുക്കൊണ്ടാണു എണ്െ പ്രാപിക്കുന്നത് ഭാഗവതത്തിൽ ഈ ദേവതാ ഉപാസനയൊക്കെ പറയണ്ടേ ഇന്നതിന് ഇന്നെന്ന ദേവത എന്നൊക്കെ അപ്പൊ അങ്ങനത്തെ ഉപാസനാ മണ്ഡലത്തിൽ അങ്ങനെ ഭേദമൊക്കെ ഉണ്ട് ദേവതയെ ഇന്നതിനു വേണ്ടി ഉപാസിക്കുക അതാത് ദേവത അതാത് ഫലം കൊണ്ടുവന്നു കൊടുക്കും ഇന്നെന്ന നിവേദ്യങ്ങൾ വെച്ച് ഇന്നന്ന മന്ത്രങ്ങൾ ചെയ്താൽ അതാത് ഫലം കൊടുക്കാൻ ആ ദേവത ഫല ശക്തമായി തീരും അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കാതെ ഭോഗം ഇച്ഛിച്ചുകൊണ്ട് ഏത് ഇച്ഛയോടുകൂടെ എന്നെ ഉപാസിക്കുന്നു അതാത് ഭാവത്തിൽ അവർക്ക് ഞാൻ ഫലം കൊടുക്കും അതുകൊണ്ട് ഭഗവാൻ ഭക്തി ചെയ്തുവല്ലോ അയാൾക്ക് മോക്ഷം കിട്ടിയില്ലല്ലോ അയാൾ വിമുക്തനായില്ലോ ജ്ഞാനിയായില്ലോ അയാൾക്ക് ഉള്ളിൽ സങ്കല്പത്തിൽ അതില്ല നമുക്ക് എന്ത് സങ്കല്പമുണ്ടോ ആ സങ്കല്പം ഫ്രക്ടിഫൈ ആയി പോയാലേ മോക്ഷമാവുള്ളൂ മോക്ഷം ഭഗവാൻ തരേണ്ടതല്ല ആത്മാവിന്റെ സ്വരൂപമാണ് മുക്തി നമ്മളുടെ സ്വരൂപമാണ് നമ്മളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളും സങ്കല്പവും ഉണ്ടെങ്കിൽ ഭഗവാൻ ആദ്യം കുറെയൊക്കെ അതിനെ നീക്കിത്തരും തീർത്തു തരും ചിലതിനെയൊക്കെ എന്തിയും നമ്മളെ വിഷമിപ്പിച്ച് ഈ സങ്കല്പത്തിനെ ഉപേക്ഷിപ്പിക്കും രണ്ടുവിധത്തിലും ഈ സങ്കല്പശുദ്ധി വരുത്തും ഈ സങ്കല്പശുദ്ധി വരുത്താൻ നമ്മൾ എന്തെന്ത് സങ്കല്പ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ തീർത്ത് നിർവ്വാണോ ഉണ്ടാക്കും സങ്കല്പനിർവാണം എന്ന് പറയുമതിന് അങ്ങനെ സങ്കല്പനിർവാണം ചെയ്യാൻ പല ദേവതകളെയും ഈ ജീവൻ ഭജിക്കും നഹി ഏകസ്യ മുമുക്ഷുത്വം ഫലാർത്ഥിത്വം ചെ യുഗത് സംഭവതി ഒരാൾ മുമുക്ഷുവാണെന്നും പറയാ എനിക്ക് മോക്ഷം വേണമെന്നും പറയാ എന്നിട്ട് പിന്നെ ശത്രു നാശത്തിനായി കാളിയെ ഉപാസിക്കുക മുമ്പ ശത്രുന്ന് ആശയ നാശയ നാശയ എന്ന് മന്ത്രം ജപിക്കുക പിന്നെ കല്യാണത്തിനു വേണ്ടിയിട്ട് അവിടെ പോയി സ്വയംപരാർച്ചന കഴിക്കുക സന്താനഗോപാല മന്ത്രം ജപിച്ച് കുട്ടി കൊണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ആചാര്യസ്വാമികൾ വന്നിട്ട് രണ്ടും ഒന്നിച്ച് പോയാ ഇത് രണ്ടും ന സംഭവതി എവിടെ മോക്ഷേച്ഛയും ഫലേച്ഛയും കൂടെ ഒന്നിച്ചു പോവുകയേയില്ല എപ്പോ ഫലേച്ഛ മുഴുവൻ ഫലത് ഫലേച്ഛയിൽ ഒരുത്തിന് വിരക്തി വരുന്നു അപ്പോഴേ അവൻ മുമുക്ഷുള്ളൂ ഒന്നും ആഗ്രഹിക്കാത്തവനെ ഭക്തിയിൽ യഥാർത്ഥ ഭക്തൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതാ ഏ യത് ഫലാർത്ഥിനാൻ തത് ഫലദാനേന് ഏ യഥോക്താധികാരിണ തു താൻ ജ്ഞാനപ്രധാനേന് േ ജ്ഞാന സന്യാസിനുമുക്ഷവശ്ച താൻ മോക്ഷ പ്രധാനേന തഥാ ആർത്താൻ ആർത്തിഹരണേന് ഇവം യഥാർത്ഥ്യത്തെ താൻ തഥൈവീ ആര് മുമുക്ഷുക്കളാണോ അവർക്ക് ജ്ഞാനം കൊടുക്കും ആര് എന്ത് ഫലം ചോദിക്കുന്നു അവർക്ക് അതാത് ഫലം കൊടുക്കും എന്താണോ ചോദിക്കണോ അത് കൊടുക്കും ഭഗവാൻ ഭഗവാന് തഥാസ്തു എപ്പോഴും തഥാസ്തു നീ എന്ത് ചോദിക്കണം അങ്ങനെ ആവട്ടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം എന്താ ചോദിക്കാൻ തരാം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അതിന്റെയൊക്കെ ദുഃഖം മനസ്സിലാക്കിയിട്ട് എനിക്കിതൊന്നും വേണ്ട കുട്ടിക്ക് അറിയും അമ്മ എന്ത് ചെയ്യും കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കും അല്ലേ ഒന്നിങ്ങനെ സ്ക്രൂ ചെയ്ത് വിട്ടാൽ അതിനെ കുറെ നേരം കുട്ടി നോക്കിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അറിയാൻ തുടങ്ങും അപ്പൊ അമ്മ പിന്നെയും ഒരു ഒരു ടെഡി ബെയർ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ എനിക്ക് അപശബ്ദം ഉണ്ടാക്കും കുറെ നേരം അതിനെ വെച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് വെച്ചുകൊണ്ട് കൊറേ അപ്പം അമ്മ അടുക്കളയിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയും കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെയും ഒന്ന് സ്ക്രൂ കൂടെ സൈക്കിള് ചൂട്ടിക്കൊണ്ടുപോകും ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കും കളിപ്പാട്ടങ്ങള് ഇതൊക്കെ കഴിഞ്ഞ അവസാനം കുട്ടിക്ക് ഇതൊക്കെ മതിയായിട്ട് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് അമ്മയെ തന്നെ വേണം എന്ന് വന്ന് കരയുമ്പോൾ അമ്മ ഒന്ന് എടുത്തോണ്ട് പോകും ഈ കുട്ടികളെ പോലെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ഭഗവാന്റെ അടുത്ത് ഇത് വേണം അത് വേണം അങ്ങനെ വേണം എല്ലാം അപ്പൊ കൊടുത്തോണ്ടിരിക്കും ഭഗവാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കും ഭഗവാനെ മാത്രം തരില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചില്ലല്ലോ എനിക്ക് ഇതും വേണം അതും വേണം നടക്കില്ല ഇതുമുള്ള സ്ഥലത്ത് അദ്ദേഹം വരില്ല എന്നാണ് അപ്പോ ഏ താൻ ജ്ഞാനപ്രധാനേന് ഏ ജ്ഞാന സന്യാസിന വിരക്താഹ താൻ മോക്ഷപ്രധാനേന് ആര് സന്യാസികളാണോ ആര് ജ്ഞാനികളാണോ ആര് പരമവിരക്തന്മാരാണോ അവർക്ക് മുക്തിപഥത്തിനെയും കൊടുത്തുകൊണ്ട് അവർക്ക് ജ്ഞാനം ജീവൻ മുക്തിയെയും കൊടുത്തുകൊണ്ട് ഞാൻ അവരവരുടെ സ്റ്റാൻഡേർഡിന് അവരവരുടെ സ്ഥിതിക്ക് അനുസരിച്ച് അവരെയൊക്കെ ഞാൻ അനുഗ്രഹിക്കും സാധാരണ ആർത്തന്മാരാണ് ലോകത്തില് പലവിധ വിഷമങ്ങളും കൊണ്ട് ഭഗവാന്റെ അടുത്ത് വരുന്നവരാണ് അവർക്ക് മോക്ഷമൊന്നും വേണ്ട ഭാഗവത് സപ്താഹത്തിന്റെ നോട്ടീസില് മോക്ഷംന്ന് വിട്ടാൽ ആരും രുക്മിണി കല്യാണം എന്ന് പറഞ്ഞാൽ തിരക്ക് കൂടും ഓരോ പിടിച്ചുകൊണ്ട് വരിപരിയായിട്ട് അന്നേ ദിവസം വരെ അവിടെ എത്തിപ്പോലും നോക്കാത്ത പതിനാറ് തികഴിഞ്ഞിട്ടുള്ള കുട്ടികൾ മുതൽ വരിപരിയായിട്ട് വെള്ളവസ്ത്രം കൊടുത്ത് നിൽക്കും എന്തിനാ ഈ കുട്ടികൾക്കൊക്കെ മോക്ഷം കിട്ടുന്ന പറഞ്ഞാ അടുത്ത സപ്താഹത്തിന് ആ ഭാഗവതകാരനെയും വിളിക്കില്ലേ അവര് കല്യാണത്തിന് വയസ്സ് നിൽക്കുമ്പോഴാണ് മോക്ഷം അപ്പൊ എന്താ ആഗ്രഹമുള്ളപ്പോ ആർത്തന്മാരും അർത്ഥാർത്ഥികളുമായിട്ടുള്ളവർക്ക് പോയി മോക്ഷമാർഗം ഇല്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് ശരി അതൊക്കെ ആവട്ടെ അതൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കട്ടെ എന്ന് പറഞ്ഞ് അതാത് കളിപ്പാട്ടങ്ങൾ അപ്പപ്പോ അവർക്ക് കിട്ടുകയും ചെയ്യും ന രാഗദ്വേഷനി മോഹനിമത്തം കിഞ്ചിത് ഭമി സർവി സർവാവസ്ഥ മമ ഈശ്വര വർത്മാർഗം അനുവർത്തേ മനുഷ്യ ഹിത്പലാർത്ഥിതയാസ് കർമ്മി അതികൃത പ്രവർത്തന് തേ മനുഷ്യ അത്ര ഉച്ച ഓരോരുത്തരും ഭഗവാന്റെ വർത്മാച്ചാൽ ഭഗവാൻ വിധിച്ചു കൊടുത്തിരിക്കുന്ന പഥത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ുള്ളിലുള്ള വാസനക്കനുസരിച്ച് ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച് ഓരോ സ്ഥലത്ത് ജനിക്കുകയും ഓരോരോ ധർമ്മത്തിൽ നിയോജിക്കപ്പെടുകയും അതിൽ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് ആഗ്രഹിക്കുകയും അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളെ അനുഭവിക്കുകയും അതിന്റെ ഫലമായി സുഖവും ദുഃഖവും അനുഭവിക്കുകയും ചെയ്ത് ഇങ്ങനെ സുഖ അനുഭവിച്ച് കുറെ കഴിയുമ്പോൾ ദുഃഖം മാത്രം അനുഭവിച്ചു കഴിയുമ്പോൾ ഏതേത് വസ്തുവിൽ നിന്നും ദുഃഖം മാത്രം വരുന്നുവോ അതാത് വസ്തുവിനോടുള്ള ആസക്തിയെ ഉപേക്ഷിച്ച് മറ്റു വസ്തുക്കളിൽ പറ്റി അതിലും സുഖം പോയി ദുഃഖം വരുമ്പോ അതിനെയും ഉപേക്ഷിച്ച് ഇങ്ങനെ ദുഃഖം എന്നുള്ള ഒരു പ്രബല ശക്തിയുടെ സഹായത്തോടുകൂടെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് എന്ന് കയറി ക്ലാസ്സുകൾ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അവസാനം പടുപ്പേ മടുത്ത് ഉപേക്ഷിക്കുന്നവരെ പോകും ഇങ്ങനെ സർവവിരക്തി വന്ന് സർവത്തിനെയും വിട്ടുകഴിയുമ്പോ സ്വരൂപസ്ഥിതനാവും പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോകഥാൻ സകല വസ്തുക്കളും ദുഃഖദായകങ്ങളാണെന്ന് സർവം ദുഃഖം വിവേകിനാം ആ വിവേകം പരവൈരാഗ്യ ഉദിക്കുമ്പോ ഈ ജീവൻ പറയും എനിക്ക് ഒരു വസ്തു വേണ്ട യാതൊന്നും വേണ്ട എല്ലാത്തിലും ദുഃഖം പതിഞ്ഞുകിടക്കുന്നു എന്ന് കണ്ട് സർവവിരക്തി വരുമ്പോ ആത്മപ്രകാശം ഉള്ളിലുണ്ടാവും അപ്പൊ ഭഗവാൻ പറഞ്ഞു അവർക്ക് ഞാൻ എന്നെയോ കൊടുക്കും അവർക്ക് ഞാൻ സിദ്ധമായിട്ട് തീരും വസ്തുക്കളല്ല ഞാൻ തന്നെ അവരുടെ വസ്തുവായിട്ട് സിദ്ധ വസ്തുവായിട്ട് തീരും പക്ഷെ അതുവരെ ഈ ശുദ്ധീകരണ പ്രക്രിയ നടക്കണം വാസ്തവത്തിൽ ഇവിടെ നല്ല നല്ലതും ചീത്തയും എല്ലാവരും ഈശ്വരൻ കൽപ്പിച്ചിട്ടുള്ള യന്ത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ആ യന്ത്രത്തിൽ ഓരോരുത്തരെയും ഭഗവാൻ ഇട്ടി ഇട്ട് ചുറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരവരെവിടെവിടെ ഇരിക്കുന്നു എന്തെന്തു പ്രവർത്തിക്കുന്നു അതൊക്കെ ഭഗവാന്റെ നിയോഗമാണ് ആ മായയുടെ നിയോഗമാണ് ആ മായ ഭഗവാൻ എന്ന് വെച്ചാൽ മായ എന്ന് പറഞ്ഞോളൂ ആ മായ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരൻ സംഗീതക്കാരനാണെങ്കിൽ സംഗീതം പ്രഭാഷണമാണെങ്കിൽ പ്രഭാഷണം വൈദികമാണെങ്കിൽ വൈദികം അടുക്കളപ്പണി ആണെങ്കിൽ അടുക്കളപ്പണി എല്ലാരും അവരവരുടെ തലത്തിൽ ഇരുത്തി അവിടെ അവിടെ ആ യന്ത്രത്തിൽ കയറ്റി ചുറ്റി ചുറ്റി ശുദ്ധം ചെയ്യാൻ പ്യൂരിഫിക്കേഷനാണ് അവസാനം സംശുദ്ധമാകുമ്പോ ഭഗവാൻ വേറെയല്ല അവർ വേറെയല്ല ഈ പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ ഓരോ ജീവനയും ശുദ്ധം ചെയ്ത് ആഗ്രഹിപ്പിച്ച് ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു അതാണ് അതിന്റെ പ്രക്രിയ ആഗ്രഹിപ്പിക്കുകയും ആഗ്രഹം ഉള്ളിൽ വരും ഇന്നത് വേണം എന്നൊരു കാമന എന്നിട്ട് ആ ആഗ്രഹം പൂർത്തി ചെയ്തു കൊടുക്കും അതിന് ഇന്ന ദേവതകളൊക്കെ അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ കുറേ അമ്പലങ്ങളൊക്കെ ഒരു പത്ത് വർഷം മുമ്പ് അറിയേ അമ്പലങ്ങളൊക്കെ പെട്ടെന്ന് പ്രസിദ്ധമാകും അത് എങ്ങനെയാണെന്നേ മനസ്സിലാവില്ല നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പത്ത് വണ്ടി വന്ന് നിക്കും വരിപരിയായിട്ട് അമ്പലങ്ങളില് കുറെ തമിഴ്മാര് വരുമ്പോ ഒരു ദിവസം സുപ്രഭാതത്തിലൂന്ന് കാർ വന്നു ഒരു മാസത്തിനുള്ളിൽ ഒരു പത്തമ്പത് വെണ്ടി വന്നു ആ ഗ്രാമത്തിലുള്ളവർക്ക് ഈ കാര്യം എന്താന്ന് മനസ്സിലാവുന്നില്ല ഇത് എന്താ ഇവിടെ എവിടെയോ ആരോ ജോലിസിനോ ആരോ പറഞ്ഞതായിരിക്കും കൊറേ കഴിയുമ്പോൾ ഈ തോന്നും നമ്മളും പോവാം അവരിത്ര കാലമായിട്ട് പോവുക അവിടെ അവരും പോയി നിൽക്കും അവിടെ അങ്ങനെയാണ് ഈ അമ്പലങ്ങളൊക്കെ തിരക്ക് അപ്പ കാക്ഷന്ത കർമ്മ സിദ്ധി നൂക്കാക്ഷി യജന്ത ക്ഷിപ്രം ഹി മാുഷേ ലോക സിദ്ധിർഭവതി കർമ്മ പ്രാർത്ഥയന്ത കമ്മണ സിദ്ധി യജന്തേ ദേവതാ ഇന്ദ്ര അഗ്നിയാദ്യ അന്നത്തെ കാലത്ത് ആചാര്യസ്വാമികളുടെ കാലത്ത് ഇന്ദ്രൻ അഗ്നി മുതലായ ദേവതകളാണ് ഇന്ന് നമുക്ക് അനേക ദേവതകളാണ് ആ അനേക ദേവതകൾ ഇന്നത്തെ കാലത്തിന് നമ്മളുടെ ഭാവനയിലുള്ള ദേവതകൾ ഈ ദേവതകളെയൊക്കെ ഉപാസിക്കുന്നവരെ കുറിച്ച് ഉപനിഷത്തിലൊരു മന്ത്രവും ആചാര്യസ്വാമികൾ ഉദ്ധരിക്കുന്നു അഥയ്യ അന്യാം ദേവതാമു അന്യഹാ അസൗ അന്യഹാ അഹമസ്മീതി നസവേദ യഥാ പശു ഏവം സദേവാനാം എന്നാണ് ഉപനിഷത് മന്ത്രമാണ് ആ ദേവത വേറെയാണ് ഞാൻ വേറെയാണ് അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്നു അദ്ദേഹം എനിക്ക് ഫലം തരുന്നു എന്നൊക്കെ വിചാരിച്ചു ഉപാസിക്കുന്നവൻ അവൻ തത്വം അറിയുന്നവനല്ല അവൻ ദേവന്മാരുടെ കയ്യിൽ കാലി മാത്രമാണെന്നാണ് വെറും പശു മൃഗം കന്നുകാലി പോലെയാണെന്നാണ് ദേവന്മാര് നല്ലവണ്ണം അയാളെ ഉപയോഗിക്കുക അയാളെ ഉപയോഗിച്ച് അവരുടെ കാര്യമൊക്കെ നടത്തിക്കൊള്ളും എന്നാണ് ദേവാനാം പശുരേവ സഹ അയാൾ ദേവന്മാർക്ക് പശുവായിട്ട് തീരും പക്ഷേ ആഗ്രഹ നിവൃത്തിക്ക് അതൊക്കെ ഉപാസിച്ചു തീരൂ ഇതൊക്കെ ഉപാസിച്ച് ഇന്നെന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തി ചെയ്യും നമ്മള് ഈശ്വര സ്വരൂപത്തിനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് ഉപാസിച്ചാൽ ദേവത ഉപാസനയായി ഏത് മൂർത്തിയും നിഷ്കാമ ഭക്തി കൊണ്ട് ഉപാസിച്ചാൽ ഈശ്വര ഉപാസനയാവും ഏത് മൂർത്തിയും ആഗ്രഹത്തോടു കൂടെ ഒരു മൂർത്തിക്കും ഒരു സ്പെഷ്യാലിറ്റി ഒന്നുമില്ല നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യാലിറ്റിയാണ് നമ്മളുടെ വാസന കൊണ്ടാണ് ഇന്ന മൂർത്തി ശ്രേഷ്ഠമാവുന്നതും ഇന്ന മൂർത്തി അപകൃഷ്ടമാവുന്നതും ആഗ്രഹം കൊണ്ടും എന്താ താമസമായ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ഒരു ദേവതയെ നമ്മള് അശുദ്ധം ചെയ്യാം നമുക്ക് നമ്മളുടെ വാസന കൊണ്ട് അപ്പോ ക്ഷിപ്രം ഹി മാനുഷേ ലോകെ സിദ്ധിർഭവതി കർമ്മജ തേശാം ഹി ഭിന്നേവതായാജിനാം ഫലകാംക്ഷി നാം ക്ഷിപ്രം ശീഘ്രം ഹി യസ്മാനുഷേ ലോകെ മനുഷ്യലോകെ ഇവിടെ ഫലസിദ്ധി എളുപ്പത്തിലുണ്ടാവും ലോകത്തിൽ ആഗ്രഹിച്ച് ദേവതകളെ ഉപാസിച്ച് ഫലം നേടിയെടുക്കുക എന്നുള്ള സമ്പ്രദായം അങ്ങനെ എന്തും ആഗ്രഹിച്ച് ദേവതോപാസന ചെയ്ത് നേടിയെടുക്കുക എന്നുള്ളത് അപകൃഷ്ണമാണ് മോക്ഷമാർഗമല്ല ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗമല്ല ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗമല്ല അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഓരോരു ജീവനും ഉള്ളിൽ ഓരോന്നിനോട് പറ്റിക്കൂടുന്നത് ക്രമേണ ഓരോ വർണ്ണത്തിലും ജാതിയിലുമൊക്കെ ജനിക്കുന്നത് ഇതൊക്കെ നമ്മളുടെ വാസനയ്ക്കനുസരിച്ചാണ് വാസനയനുസരിച്ചാണ് ആ വാസനയൊക്കെ കഴുകിക്കളയാതെ ഈ ജീവൻ സ്വരൂപ സാക്ഷാത്കാരം നേടില്ല ഇനി ആ വശങ്ങളിലേക്കാണ് ഭഗവാൻ വരുന്നത് അത് നമ്മള് നാളെ കാണാം കിരീടം ഫലനേത്രാർിഷപഞ്ചേശു കീടം ശൂലാഹതാരതികൂട്ട ശുദ്ധവക്േന്ദു ചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവേവ അംഗേ വിരാജുജ മോത്തമാകാരണീകുരംഗം സിദ്ധസം സേവിതഘ്രിം ഭജേ മാർഗന്ധം ശംഭോ മഹാദേവേവാ മഹാദേവദ ശംഭോ ശംഭോ മഹാദേവേ നിിദന്ദശേഷോകേശ വൈരി പ്രതാ കാ കത്തേന്ദ്രചാസം ഭജേ ദിവ്യസന്മാർഗന്ധു ശംഭോ മഹാദേവേവംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദേ കർപ്പർപ്പമീശം കാളകോമകെശം കുന്ദന്തം സുരേശോര്യ പ്രകാശം ഭജേമാർഗന് ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ മന്ദാരൂതേരുദാരം മന്ദ രാഗേന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദ सर्वे സേ പിനസ്സന് സു നിരാമയാേ ഭദ്രാ പശ്യു മാ കിഖഭഭ്ഭവമാവസി മേ തച്യം മിഞ്ചിതസ് യഥാപേം കൂരുമാ ത്മനു